എല്ലാവർക്കും എൻ്റെ പ്രണ വേദാന്തത്തിൻ്റെ മുഴുവൻ സാരം നമുക്ക് ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കാം അറിവ് അഥവാ ബോധം ഇത് വേദാന്തത്തിൻ്റെ മാത്രം സാരമല്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സാരം എന്താ അറിവ് അഥവാ ബോധം ഇതു കൊടുക്കുക എങ്ങോട്ട് തിരിഞ്ഞാലും അറിവ് അഥവാ ബോധം ആവർത്തിച്ച് ചിന്തിച്ചു നോക്കുക ബോധമല്ലാതെ എന്തുണ്ട് ബോധം ബോധം ബോധം ബോധം തന്നെ മുൻപിൽ ബോധം തന്നെ പുറകിൽ ഉപനിഷത്ത് പറയുന്നവ ബ്രഹ്മം എന്ന് പറയും ബോധം തന്നെ ഇടതുഭാഗത്ത് ബോധം തന്നെ വലതുഭാഗത്ത് ബോധം മുകളിൽ ബോധം തന്നെ താഴെ ബോധം സർവത്ര സർവത എപ്പോഴും എവിടെയും എന്തുണ്ട് ബോധം ണുന്നതൊക്കെ ബോധം യാതൊരു സംശയവുമില്ല കുറച്ചൊന്ന് ചിന്തിച്ചു നോക്കണം എന്ന് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കുക ഇത്ര ലളിതമായ പ്രപഞ്ചസത്യം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സത്യം പക്ഷേ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും സൂര്യനിലും ചന്ദ്രനിലും പോകുന്നവർക്കും അത് പിടിയിട്ടുന്നില്ല എന്തൊരു അത്ഭുതം വാസ്തവത്തിൽ ഇത് മനസ്സിലായി കഴിയുമ്പോൾ അത്ഭുതമത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ ബോധത്തിലടങ്ങുന്നു സർവവും പിന്നെ ഇവിടെ എന്താ അന്വേഷിക്കുക ഇരുട്ടിനെയാണ് അന്വേഷിക്കുന്നത് ഭ്രമത്തെ ആണ് അന്വേഷിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനെ ഇവിടെ അന്വേഷിക്കാനില്ല കാരണം ഉള്ളത് ബോധം അത് അവനവൻ തന്നെയാണ് അതുകൊണ്ടാണ് അന്വേഷിക്കാനില്ല ഗുരുദേവൻ പറയുന്നത് നോക്കുക ഏഴാമത്തെ പദ്യം അറിയുന്നുണ്ട് ഇല്ലെന്നറിയുന്നീല ഏതിലേതെഴുന്നീടും അറിയപ്പെടുമെങ്കിലും അല്ല അറിവല്ലെന്നിങ്ങും നമ്മെ നോക്കിയിടൽ നമ്മെ നോക്കിയിടൽ സ്നേഹിത നിങ്ങൾ നിങ്ങൾ ുള്ളിലേക്കൊന്ന് നോക്കൂ എന്താ ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് നമ്മ നോക്കീടിൽ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അറിയുന്നുണ്ട് ഉണ്ട് ഉണ്ട് എന്നറിയുന്നു ഞാനുണ്ട് ഞാനുണ്ട് അതായത് എന്ത് സ്പഷ്ടം എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾ സ്വർഗത്ത് പോയാലും നരകത്തിൽ പോയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞാനുണ്ട് ഈ ഞാനുണ്ട് എന്ന് അറിവില്ലെങ്കിലോ ഒന്നുമില്ല ഒരു ബ്രഹ്മാണ്ടവുമില്ല അറിയുന്നുണ്ട് ഇല്ലെന്നിങ്ങറിയുന്നില്ല ആരും ഞാനില്ല എന്നറിയുന്നില്ലല്ലോ അങ്ങനെ അറിയാൻ പറ്റുകയുമില്ലല്ലോ ഞാനില്ല ഞാനില്ലെന്നറിയണമെങ്കിൽ പോലും ഞാൻ വേണ്ടേ അപ്പോൾ ഈ ഈ ഒറ്റ പദ്യം നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക സകല സത്യവും അതിൽ തെളിയുന്നു അറിയുന്നുണ്ട് ഇല്ലെന്നറിയുന്നില്ല എപ്പോൾ കൊടൂലത്ത് ആ വരിൽ അവസാനം നമ്മെ നോക്കിയിട്ടിൽ നമ്മെ നോക്കിയിട്ടിൽ ഓരോരുത്തരും ഉള്ളിലേക്ക് തിരിഞ്ഞ് അവരവരെ ഒന്ന് നോക്കുകയാണെങ്കിൽ അറിയുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇല്ലെന്നറിയുന്നില്ല ഇല്ലെന്നാരും അറിയുന്നില്ല ഇതിലേതെഴുന്നിടും അവ ഈ പ്രപഞ്ചം അറിയുന്നുണ്ട് എന്ന് ഞാനുണ്ട് എന്നറിയുന്ന ആ അറിവിൽ നിന്നാണോ കൊണ്ടി വരുന്നത് അത് ഇല്ല എന്ന അറിവിൽ നിന്നാണോ ഏത് കുഞ്ഞിനാണ് ചിന്തിച്ചുകൂടാത്തത് ഇല്ല എന്ന് അറിവേയില്ല അങ്ങനെ ഇരിക്കേ ഇല്ലെന്ന അറിവിൽ നിന്നും അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അറിയുന്നീല ഏതിൽ ഏത് എഴുന്നീടും ഉണ്ടെന്നുള്ള ഞാനുണ്ടെന്നുള്ള അറിവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉള്ളതായി കാണപ്പെടുമോ അതോ ഞാനില്ലെന്നുള്ള അറിവിൽ നിന്നും ഈ പ്രപഞ്ചം ഉള്ളതായി കാണപ്പെടുമോ ആർക്കാ മനസ്സിലാവാത്തത് ഞാനുണ്ട് എന്ന ആ അനുഭവത്തിൽ നിന്നാണ് ഈ അനന്ത കോടി പ്രപഞ്ചം ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത് അറിയപ്പെടുമെങ്കിലും ഇതൊക്കെ അറിയപ്പെടുന്നതാണ് മേശയുണ്ട് കസേരയുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ഇവിടെ മേശയും കസേരയും സൂര്യനും അറിയപ്പെടുന്നവ പക്ഷേ ഇരുപ്പിൽ നിന്നാണോ അറിയപ്പെടുന്നത് ഞാനുണ്ട് എന്ന ആ ബോധത്തിൻ്റെ ഉണ്മയിൽ നിന്നല്ലേ കസേരയുണ്ട് മേശയുണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്നറിയപ്പെടുന്നത് ഇവിടെ ആർക്കെന്താ സംശയം വല്ല സംശയമുണ്ടായി ചോദിച്ചോളൂ അറിയപ്പെടുമെങ്കിലും അല്ല അറിവല്ല ഇത് ഇരുട്ടിൽ നിന്നുള്ള അറിവല്ല ഉണ്ട് ഉണ്ട് എന്ന വെളിച്ചത്തിൽ നിന്നുള്ള അറിവാണ് മറ്റെല്ലാ അറിയപ്പെടലും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അറിയപ്പെടൽ ഒക്കെ അറിയപ്പെടുന്നതാണ് അവ അല്ല അറിവല്ല ഇരു അല്ലെന്ന് വെച്ചാൽ ഇരുട്ട് ഇരു ഇല്ലെന്നുള്ള അനുഭവം അതിൽ നിന്നുള്ള അറിവല്ല ുള്ള ബോധത്തിൽ നിന്നാണ് സക്കലത്വം അറിയപ്പെടുന്നത് ഏത് ശാസ്ത്രജ്ഞനോ സ്റ്റീഫൻ ഹോക്കിൻസോ അല്ലെങ്കിൽ ഐൻസ്റ്റീനോ ആരോ വരട്ടെ നോക്ക് പറഞ്ഞു കൊടുക്കാം അവരതല്ലെന്ന് തെളിയിക്കട്ടെ അറിയപ്പെടുമെങ്കിലും അല്ല അറിവല്ല അതിരുട്ടെന്നുള്ള അറിവല്ല എന്നിങ്ങു നമ്മെ നോക്കിയിടൽ നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവനവന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത് അത്യന്തം വ്യക്തമാവും ലോകം പ്രപഞ്ചമെത്ര വലുതോ ആകട്ടെ ഓരോരുത്തരുടെയും പ്രപഞ്ചം അവരവരുടെ ഉള്ളിലുള്ള ഞാനുണ്ട് എന്ന കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്നതാണ് കേന്ദ്രം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്താർക്കെങ്കിലും സംശയമുണ്ടോ അതല്ല സാർ ഇപ്പൊ സാറിൻ്റെ ഉള്ളില ഞാനുണ്ട് അതില്ലെങ്കിൽ സാറിന് പ്രപഞ്ചമില്ല മറ്റൊരാൾക്കുണ്ടല്ലോ അതായത് മറ്റൊരാൾക്കുണ്ട് എന്തുകൊണ്ട് അയാളുടെ ഉള്ളിൽ ഞാനുണ്ട് അപ്പൊ അന്വേഷിക്കാനുള്ളത് ഈ ഞാനിൻ്റെ രഹസ്യം മാത്രം ഓരോരുത്തരിലും ഉള്ള ഞാനിൻ്റെ രഹസ്യം മാത്രമല്ലേ അന്വേഷിക്കാനുള്ളൂ അതന്വേഷിച്ചപ്പോഴാണ് അതെല്ലാം അറിവാണ് എല്ലാം ബോധം എൻ്റെ ഉള്ളിലുള്ള ഞാനിൻ ഞാനുണ്ട് എന്നുള്ള അനുഭവവും ബോധം അമീബയുടെ ഉള്ളിലുള്ള ഞാനുണ്ട് എന്ന അനുഭവവും ബോധം സൂര്യനിലോ ചന്ദ്രനിലോ ഉള്ള ഞാനുണ്ട് എന്ന അനുഭവം ബോധം അതൊക്കെ ബോധമായതുകൊണ്ട് എല്ലാം ബോധം എങ്കിലും അത് പലതായിട്ട് പല അമീവയുടെ ഉള്ളിലും സാറിൻ്റെ ഉള്ളിലും മറ്റേ ചന്ദ്രൻ്റെ ഉള്ളിലും ആയിട്ടൊക്കെ മാറി മാറിയാണല്ലോ സാർ ഒക്കെ ബോധമാണോ ഇനി നിങ്ങളതിനെ മാറി മാറി കാണുന്നതിൻ്റെ രഹസ്യം മാത്രം അന്വേഷിച്ചാൽ മതിയല്ലോ അത് സ്നേഹിത നിങ്ങളെ കൊച്ചു മനസ്സിൻ്റെ അതിരൊന്ന് പൊളിച്ചു മാറ്റൂ മാറ്റുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധപ്പെടും ആരുടെയുമുള്ളിലുള്ള എവിടെയുമുള്ളിലുള്ള ഞാനുണ്ട് എന്ന അനുഭവം ഒരേ ഒരു ബോധം അഖണ്ഡ ബോധം ഈ ജഗത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബോധം അത് അല്പമൊന്ന് ശ്രമം ചെയ്ത് ഒന്ന് ുള്ളിലെ രാഗദ്വേഷങ്ങൾ മാറ്റിയാൽ മാത്രം മതി എക്സ്പെരിമെന്റ് അത് ചെയ്ത് നോക്കും നോക്കിയാൽ എല്ലാ ബോധവും ഒന്ന് അപ്പോ എന്താ പറഞ്ഞ് സത്യം ബോധം ബോധം ബോധം ബോധം വേദാന്തം എവിടെയും പറയുന്നത് രമണമഹർഷി പറയുന്നു സകലയുടെ ഉള്ളിലും ബ്രഹ്മമാത്രം ഹഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാത്തി ഹൃദിവിശ മനസ്സാ സ്വംചിന്വതാ മജ്ജതാവ പവനചലനരോധാത്മനിഷ്ടോഭവത്വം എല്ലാവരുടെ മനസ്സിലും ഉള്ളിലും ആരുടെ ഉള്ളിലും എവിടെയും എന്താ ബ്രഹ്മം ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധം അത് ഇങ്ങനെ അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാത്തി ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ സാക്ഷാത് പ്രത്യക്ഷമായി ആത്മരൂപേണ ഭാത്തി ആത്മാവായി പ്രകാശിക്കുന്നു ഹൃദിവിഷ മനസ്സാ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ സ്വംചിന്വസ ഈ അഹം എന്താണ് എന്ന് വിചാരം ചെയ്ത് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ അഹമല്ലാത്തതിനെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൂ അപ്പോൾ ഈ അഹം ബ്രഹ്മമായി സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ബോധമായി അനുഭവപ്പെടും ഇതെല്ലാ ഋഷീശ്വരന്മാരും പറഞ്ഞിട്ടുണ്ട് ആചാര്യസ്വാമികൾ എവിടെ എവിടെയൊക്കെയാണ് പറയാത്തത് തിര്യ നരദേവതാഭിരഹമിത്യന്തസ്ഫുള ദൃശ്യത്തെ സകല മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും വൃക്ഷങ്ങളിലുമൊക്കെ അഹമഹമിതി ഞാൻ ഞാനെന്നിങ്ങനെ അന്തസ്ഫുള ഉള്ളിൽ പ്രത്യക്ഷമായി സാക്ഷാത് അല്ലാതെ ഉളിനും പതിമിയൊന്നുമല്ല സാക്ഷാദ് ആത്മരൂപേണ ഭാത്തി സാക്ഷാത് ആത്മമായി ആത്മരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു തിരിയവതാഭിരഹമിത്തന്തസ്ഫുടാഗൃഹ്യത്തെ തം ഭാസേ വിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തി സൂര്യനെയോ ചന്ദ്രനെയോ സൂര്യനെ മേഘമടലം വന്ന് മറയ്ക്കുന്നത് പോലെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ നിങ്ങളുടെ ഉള്ളിലുള്ള ദൃശ്യസങ്കൽപ്പങ്ങൾ രാഗദ്വേഷങ്ങൾ മറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണരൂപം പിടികിട്ടാതിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണരൂപം സർവത്ര നിറഞ്ഞ സകലരിലും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് അല്ലാതെ അത് എന്നിലോ നിങ്ങളിലോ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ബോധമല്ല ആ ആ സത്യത്തെ ഭാവന ചെയ്ത് ഒരു യോഗി കളങ്കങ്ങൾ മാറ്റി അനന്തസത്യം ആനന്ദസത്യം അനുഭവിച്ചു കൃതാർത്ഥനാവുന്നു ഗുരുദേവൻ തന്നെ പറയുന്നില്ലേ അവനികൻ എന്നറിയുന്നതൊക്കെ ആത്മോദേശതരം ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം ഈ പ്ര ഈ നാമരൂപങ്ങൾ പ്രത്യേക ഈ ഭ്രമം ഉണ്ടാവുന്നതിന് മുൻപ് ഉണ്ടേ നിലവിലുള്ള ആ ആത്മാവ് അനന്തബോധം അതാണ് അറിവ് അതാണ് ബോധം അതാണ് എല്ലാവരിലും ഇങ്ങനെ കാണപ്പെടുന്നത് അപ്പോൾ ഈ ജഗത്തിൻ്റെ സത്യം സത്യം എന്താ ബോധം ഇനി എന്തറിയാൻ എവിടെ പോയാറിയാം എവിടെയോ വയ്ക്കോളുക എന്ത് വേണോ വായിച്ചോളുക എന്തു വേണോ പഠിച്ചോളുക പക്ഷേ ഈ അറിവ് കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്റ്റീഫൻ ഹോക്കിങ്സും രക്ഷപ്പെടാൻ പോകുന്നില്ല കഷ്ടം വാസ്തവത്തിൽ എന്ത് പറയാനാണ് ഇത്ര ലളിതമായ സത്യം പിടികിട്ടുന്നില്ല അതിനെ കളങ്കം മാറ്റി അനുഭവിക്കാൻ കുഴപ്പാക്കുന്നില്ല ലോകത്ത് കാണുന്ന സക്കെല്ലാ കുഴപ്പങ്ങളും ഇതല്ലേ ഞാൻ വേറെ നീ വേറെ രാഗം ദ്വേഷം കോലാഹലം യുദ്ധം സർവം അറിയുന്നുണ്ട് ഇല്ലെന്നിങ്ങറിയുന്നില്ല ഏതിലേതെഴുന്നീടും ആരുമില്ലെന്നറിയുന്നില്ല എല്ലാവരും ഞാൻ ഉണ്ട് ഉണ്ടെന്നാണ് അറിയുന്നത് ഉണ്ടെന്നറിയുന്ന ആ ബോധത്തിലല്ലേ ഈ ജഗത്തിന് ഉൾ ഉള്ളതായി തോന്നാൻ പറ്റൂ അത് ശരി സാറെങ്കിലും ജഗത്ത് വേറെ ബോധം വേറെ അതെങ്ങനെ ബോധമില്ലയോ ജഗത്തില്ല സ്വർണമില്ലയോ ആഭരണങ്ങളില്ല അപ്പാഭരണങ്ങളൊക്കെ എന്താ സ്വർണം വെള്ളമില്ലയോ തിരയും കുള്ളയും ഇല്ല അത്ര പോലും ഇവിടെ പറയാനൊക്കില്ല എന്തില്ലെങ്കിൽ ഈ ജഗത്തില്ല ബോധം അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നത് ബോധം വ്യക്തമായ യുക്തി ആർക്കും നിഷേധിക്കാനൊക്കാത്ത യുക്തി അതുകൊണ്ട് എന്താണ് ജഗത്സത്യം ബോധം ഭാഗവതമൊക്കെ എന്ത് ലളിതമായി പറഞ്ഞിരിക്കുന്നു ഇട ഈ ജഗത്തിന്റെ സത്യം അന്വേഷിക്കാൻ ഇയാൾ എന്തിനാ ചന്ദ്രനിൽ പോകുന്നത് എന്തുണ്ടെങ്കിൽ ചന്ദ്രനുണ്ട് എന്തുണ്ടെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്തില്ലെങ്കിൽ ചന്ദ്രനും അനന്തകോടി ബ്രഹ്മ ബ്രഹ്മാണ്ടങ്ങളും ഇല്ല അതിനെ അന്വേഷിക്കൂ ഏതാവതേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസിനാത്മന അന്വയവ്യതിരേഖാഭ്യാം യസ്ഥ സർവത്ര സർവതാ എവിടെയും എപ്പോഴും എന്തുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട് എന്തില്ലെങ്കിൽ പ്രപഞ്ചമില്ല ഒരു സത്യാന്വേഷി മേ അന്വേഷിക്കേണ്ടതായിട്ടുള്ളൂ വിഷ്ണു ബ്രഹ്മാവിനുപദേശിക്കുന്ന സത്യമാണേ ഭാഗവതത്തിൽ ചതുശ്ലോക ഈ ഭാഗവതത്തിൽ അവിടെയാണ് ഭാഗവതം മംഗളശ്ലോകം മുതലിത് പറയുകയാണ് പക്ഷെ ഇതുമാത്രം ആരും പറയില്ല ഇത്ര ലളിതം അതോ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വളരെ ഗംഭീരനായ ആള് നമ്മുടെ നാട്ടിൽ തന്നെ വലിയൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഇതിപ്പോൾ നല്ലവണ്ണം പിടികിട്ടി അപ്പോൾ എന്നിടം എന്ന് ഞാൻ ഇവിടെ ഇവിടുത്തെ വലിയൊരു സന്യാസിയോട് ഇത് പറഞ്ഞു നോക്കി സാർ എന്തുണ്ടെങ്കിൽ ഈ ജഗത്തുണ്ട് എന്തില്ലെങ്കിൽ ഈ ജഗത്തില്ല അത് ബോധമുണ്ടെങ്കിൽ ജഗത്തുണ്ട് ബോധമില്ലെങ്കിൽ ജഗത്തില്ല അതുകൊണ്ട് ബോധം സത്യം ഏത്രോ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സമ്മതിക്കാൻ മനസ്സില്ല ഇതാണ് ഇപ്പോൾ സത്യാന്വേഷണത്തിൽ തടസ്സമായി നിൽക്കുന്നത് നിഷേധിക്കാൻ ഒക്കുന്നില്ല ബോധമുണ്ടെങ്കിലേ ജഗത്തുള്ളൂ ബോധമില്ലെങ്കിലേ ജഗില്ലെങ്കിൽ ജഗത്തില്ല അതായത് അറിവുണ്ടെങ്കിലേ ജഗത്തുള്ളൂ അറിവില്ലെങ്കിൽ അറിവാണ് ബോധം ജഗത്തില്ല അദ്ദേഹത്തിന് യുക്തി നിഷേധിക്കാൻ വയ്യ പക്ഷെ അവളോട് സ്വീകരിക്കാൻ പറ്റുന്നല്ല എന്നിട്ടും ഹാ സഗുണഭക്തിയാണോ ആ നല്ലത് നിർഗുണഭക്തിയാണോ മണ്ണാൻകെട്ട നിങ്ങൾ എന്ത് ഭക്തിയോ കൊണ്ട് നടക്കൂ ഭക്തിയല്ല അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്നത് കൊല്ലും കൊലയും കൊണ്ട് നടക്കൂ തെറ്റിദ്ധരിക്കരുതേ ഉള്ളത് ബോധം അത് ധരിച്ചോളൂ കൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിരിക്കുക നീ കൊല്ലും കൊലയും അഭിജ്ദി സർവേഭ്യപ്പാപകൃത്തമ നീ അങ്ങേറ്റ പാപിയായിക്കോ ഭക്തി വേണ്ട ഒന്നും വേണ്ട പക്ഷേ സർവം ജ്ഞാനപ്ലവേ നൈവീ ജ്ഞാനം ഉൾക്കൊള്ളൂ പിന്നെ എന്ത് പാപം ഉൾക്കൊള്ളണം അല്ലാതെ വെറുതെ നാക്കുകൊണ്ട് ജ്ഞാനവും പറഞ്ഞിട്ട് പാവവും ചെയ്തുകൊണ്ട് നടന്നാൽ അനുഭവിക്കേണ്ടി വരും ഇതുൾക്കൊള്ളണം സർവം ബോധമയം സർവം ബ്രഹ്മമയം ഇതുൾക്കൊള്ളാതെ എന്ന് പറഞ്ഞാൽ ഇതുൾക്കൊണ്ട് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ച് അദ്വൈതാനുഭവത്തിൻ്റെ ആനന്ദം അനുഭവിക്കണം രാപകൽ അല്ലാതെ വെറുതെ നാവുകൊണ്ട് പറഞ്ഞിട്ട് പക്ഷെ അതാർക്കും പറ്റുന്നില്ല നാവുകൊണ്ട് മാത്രം പറഞ്ഞിട്ട് പ്രയോഗമില്ല എന്താന്ന് വെച്ചാൽ ഇത് അനുഭവിക്കണമെങ്കിൽ രാഹദ്വേഷങ്ങൾ പോകണം മതമാത്സര്യങ്ങൾ പോകണം ഈ ജടപ്രപഞ്ചത്തോട് സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടും കീർത്തിയോടുമൊക്കെയുള്ള അതിമോഹം പോകണം കീർത്തിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ വേണ്ടെന്നല്ല ഇതൊരു നാളകം ഈ സത്യം നിങ്ങൾ കീർത്തിയോ സമ്പത്തോ ഭൗതികസുഖങ്ങളോ എന്ത് വേണോ അനുഭവിക്കും ഓക്കെ ഇന്ദ്രജാലം മായ ഓർമ്മയുണ്ടെങ്കിൽ എന്താ ഗുണം കൃഷ്ണൻ പറയുന്നത് പോലെ ദുഃഖത്തിൻ്റെ പ്രശ്നമേയില്ല നാടകം അനുഭവിക്കുന്നു അന് ദുഃഖമുണ്ടോ നാടകത്തിൽ അഭിനയിക്കുന്നു പലതും അവിടെ ദുഃഖമില്ല എന്ത അഭിനയിച്ചാലും ദുഃഖമില്ല കള്ളന്റെ പാട്ട് അഭിനയിച്ചാലും ശരി സന്യാസിയുടെ പാട്ട് അനുഭവിച്ചാലും ശരി ശരി അവനത്യന്തം സുഖിക്കുന്നു സുഖിച്ചുകൊണ്ട് അഭിനയിക്കുന്നു പക്ഷെ അത് സത്യബോധമില്ലാതെ പറ്റില്ല ഈ സത്യബോധം നല്ല ഉറപ്പ് വരണം അതനുഭവിച്ചാലാണ് കൃഷ്ണൻ അനുഭവിച്ചു എല്ലാം അനുഭവിച്ചു കൂട്ടിക്കാലം മുതലേ മോഷണം പിന്നെ അങ്ങോട്ട് ഏ അവനെ മനഃപൂർവ്വം മോഷ്ടിച്ചതല്ല ഭൂരിരസം ആരെയും ദ്രോഹിക്കാനുമല്ല ആരെയും ദ്രോഹിക്കാൻ കൃഷ്ണൻ മോഷ്ടിച്ചില്ല എല്ലാരെയും രസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ കൊല്ലും കൊലയും ലോകത്തെ രക്ഷിക്കാൻ വന്നു ലോകത്തെ രക്ഷിക്കാൻ ഇവിടെ ഇല്ലാത്ത ലോകത്തെന്ത് രക്ഷിക്കാനാണ് കൃഷ്ണൻ ലോകത്തെ രക്ഷിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ ആ കഥ പോലും വായിച്ചാൽ അങ്ങ് ചിരിക്കാതെ ഒരു രക്ഷയുമില്ല എന്തുകൊണ്ടെന്നോ കൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് കൃഷ്ണന്റെ ആറ് സഹോദരങ്ങൾ ഈ ലോകത്ത് ചിന്തിക്കാൻ വയ്യാത്ത വിധം കൊല്ലപ്പെട്ടു ഇന്നിപ്പോൾ പല കൊലകളും നമ്മൾ കാണുന്നുണ്ടേ പത്തൊൻ നേരം നേരം വിളിച്ചാൽ എടുത്ത് വായിച്ചാൽ അപ്പോ ഇതൊക്കെ പണ്ട് നടന്നിട്ടുണ്ടോ സാറാണ് പണ്ടൊക്കെ ഇതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല ചുരുക്കത്തിൽ കൃഷ്ണന്റെ കാലത്ത് കൃഷ്ണന്റെ ആറ് സഹോദരങ്ങളെ കംസൻ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പാറപ്പെടുത്തുറത്താട്ടിച്ച് ഇതിനേക്കാൾ ക്രൂരമായ കൊലയുണ്ടോ ആറ് സഹോദരങ്ങളെ കൊല്ലുക പിഞ്ചു കുഞ്ഞുങ്ങളെ എന്താ കൃഷ്ണൻ രക്ഷിച്ചോ ധർമ്മസംരക്ഷണത്തിൽ വന്നേ അല്ലേ അല്ല അതിലൂടെ പുറപ്രസവിച്ചു വീഴും മുമ്പേ ധർമ്മം രക്ഷിക്കാനും പറ്റുമോ സാർ പറ്റുന്നതാണല്ലോ കാണുന്നത് വലിയ ദിവ്യനാണ് എന്താ പ്രസവിച്ച് വീണപ്പോൾ തന്നെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു അങ്ങനെ കഥ കഥകളൊക്കെ തുറന്നു അവിടുത്തെ പാറാവുകാരെല്ലാം അങ്ങോട്ട് ഉറക്കമായി എന്തായാലും നേരത്തെ ആയിക്കൂടെ ആ കംസനെ ഒന്ന് ഉറക്കിക്കൂടായിരുന്നു എങ്കിൽ ആ കംസനീ ആറ് കൊച്ചുങ്ങളെ ഇങ്ങനെ പാറയിലടിച്ച് കൊല്ലുമായിരുന്നു അത് പോട്ടെ വീണു സ്വന്തം കാര്യം എല്ലാവർക്കും വലുതായി താൻ രക്ഷപ്പെട്ടു ആ ജയിലില്ലെന്ന് രക്ഷപ്പെട്ടു അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാറ് എന്താ ഈ കൃഷ്ണാവതാരത്തെ ഇങ്ങനെ മോശമാ ഞാൻ പറയുന്നില്ലെന്ന് വൃത്തിക്കളാ എന്താ കൂടുതൽ പറഞ്ഞാൽ എനിക്കും വിഷവും വരും അത് ഒക്കെ കൊണ്ടുപോയി കൃഷ്ണൻ ജനിച്ച ഒരാഴ്ചക്കകം ആ നാട്ടിലുള്ള എത്രയോ പിഞ്ചുകുട്ടികളെ കൊല ചെയ്യപ്പെടുന്നു ജനിച്ച് കഴിഞ്ഞു മറ്റേ ജനിക്കുന്നതിന് മുമ്പ് കംസൻ കുറേ പേരെ നിയോഗിച്ചു പൂതന മറ്റേ തൃണാവൃത്തൻ അവർ ഇവരെ പൂതനൊക്കെ അങ്ങ് പാൽ കൊടുത്ത എത്ര കൊച്ചുങ്ങളെയാണ് കൊന്നത് എന്നാൽ കൃഷ്ണനെ പാൽ കൊടുക്കാൻ വന്നപ്പോൾ രക്ഷപ്പെട്ടു അതാണ് രക്ഷപ്പെട്ടു ഞാനെന്തിനു കൂടുതലൊന്നും പറയുന്നില്ല അറിയുന്നുണ്ട് ഇല്ലെന്നറിയുന്നില്ല ഈ പ്രപഞ്ചം ഇല്ല ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ കൃഷ്ണൻ രാമൻ യഥാദാ ഹിധർമ്മ ഗ്ലാനുർഭവതി ഭാരത ധർമ്മത്തിന് ഗ്ലാനി വരുമ്പോൾ ഞാൻ അവതരിക്കും കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു സാരന്തൊന്നായി ഇതൊക്കെ ഈ ഗീതയിലും മറ്റും പറഞ്ഞിരിക്കുന്നതൊക്കെ കള്ളമാണെന്നാണോ ഞാനാണോ കൃഷ്ണൻ തന്നെ തീർത്ത് പറഞ്ഞിട്ടാണ് ഞാനീ പറയുന്നതൊക്കെ ഒരു കളി ഇന്ദ്രജാലം ഇന്ദ്രജാലം എന്ന് വെച്ചാൽ ഉള്ളതാണോ ഞാൻ ജനിച്ചും ജനിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ വെറും മായ വെറുംമായ അജോപിസൻ അവ്യയാത്മ ഭൂതാനാ ഈശ്വരോപിസൻ പ്രകൃതി സ്വാമിഷ്ട സംഭവാമ്യാത്മമായ ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല മനുഷ്യനാ കൂരി ഇരട്ടിൽ കിടന്ന് സത്യയഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ ആർക്കും താൽപ്പര്യമില്ല കുറെ യജ്ഞങ്ങൾ കോലാഹലങ്ങൾ മതങ്ങു പിഴഞ്ഞു പിഴഞ്ഞു മരിച്ചു ഇതല്ലേ ജീവിതം കൃഷ്ണൻ പറയുന്നു അജോഗിസൻ ഞാൻ ജനിക്കാത്തവനാണ് അവ്യയാത്മ ഒരിക്കലും എനിക്ക് ഒരു കുറവും ഒരു ചലനവും സംഭവിക്കില്ല ഭൂതാനാമീശ്വരോപി ഈ ജഗത്തിൻ്റെ മുഴുവൻ കളി നടത്തുന്നത് ഞാനാണ് എങ്കിലും പ്രതിപ്രകൃതിയെ ആശ്രയിച്ച് സംഭവാമി ഉടൻ ചോദിക്കണം പിടിച്ചു നിർത്തി അജനല്ലേ ജനിക്കാത്തവൻ ജനിക്കാത്തവൻ എങ്ങനെ ജനിച്ചു കൃഷ്ണന് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ജനിക്കാത്തവനാണ് അജോഗിസൻ അവ്യയാത്മ ഭൂതാനാം ഈശ്വരോ ഇതൊന്നും ഞാൻ പറയുന്നതല്ലേ ഇതൊക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പറയുന്നതാണ് ഗീതയിൽ സംഭവാം ആത്മ മായയ എന്താ അതിനർത്ഥം ഏറെ അങ്ങനെയൊന്നും എന്നോട് കയറി തർക്കിക്കണ്ട ഞാൻ ജനിച്ചതായി തോന്നിപ്പിച്ചു ഇന്ദ്രജാലം മായയ ഒരാജാലികം യുദ്ധമൊക്കെ പ്രദർശിപ്പിച്ചു അവിടെ ഒരാളോട് പോയി എടാ ഇയാളോട് ആര് പറഞ്ഞു ഇവരെയൊക്കെ കൊന്നു കൊന്നിടാൻ എടാ മടയെ ഞാൻ ആരെയും കൊന്നില്ല നിന്നെ ഭ്രമിപ്പിച്ചു ഇത് ഭാഗവതം അവസാനം വരെ പറയുന്നേ കൃഷ്ണൻ മരിച്ചു ആ ശുഗൻ പരീക്ഷത്തിനോട് ചോദിക്കുകയാണ് രാജാവേ കൃഷ്ണൻ മരിച്ചു എന്നങ്ങ് കരുതുന്നുണ്ടോ കൃഷ്ണൻ ജനിച്ചിട്ടില്ല പിന്നെങ്ങനെ മരിക്കാൻ രാജൻ പരസ്യ തൻ തനുഹ ജനനാപ്യയഹ മായാവിളംബനം രാജാവേ ആ പരമാത്മാവിന്റെ ജനനമരണങ്ങളൊക്കെ മായാവിളംബനം മായയില വെറും തോന്നൽ എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് ഈ ജഗത്ത് വെറും തോന്നൽ ഇവിടെ ഒരു ജഗത്തുമില്ല ജഗത്തില്ലെങ്കിൽ പിന്നെ ജഗത്തിൽ അധർമ്മയോടെ വരാൻ പോകണു അധർമ്മമില്ല എന്നാൽ പിന്നെ അധർമ്മം ഇല്ലാതാക്കാൻ അവതരിക്കേണ്ട കാര്യമുണ്ടോ ആരും അവതരിച്ചില്ല ഭാഗവതം രണ്ടാം അധ്യായത്തിൽ പറയുകയാണ് ഈ അവതരിച്ചു എന്നൊക്കെ പറയുന്നത് വെറും ഭ്രമം വെറും ഭ്രമം യഥാ നഫസി വേണ്ട ഇനിയിപ്പോ ഒരുപാട് അങ്ങോട്ട് പോയാൽ നമുക്ക് അറിവെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് നിർത്തിക്കളാം അറിയുന്നുണ്ടില്ലെന്ന് ഇങ്ങറിയീല ഏതിൽ ഏതെഴുന്നീടും ഏതിൽ ഏതുണ്ടാവും അറിയപ്പെടുമെങ്കിലും അല്ല അറിവല്ല എന്നിങ്ങും നമ്മെ നോക്കിയിടില്ല അറിവെന്നേ എന്നേ ഇതുണ്ട് അറിവ് ഈ ബോധം ുള്ള അന്നേ ഈ പ്രപഞ്ചവും ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു അറിവ് മാത്രമേ ഉള്ളൂ മരുഭൂമി എന്നു മുതലുണ്ടോ അന്നു മുതൽ കാനൽ ജലം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ കാനൽ ജലമില്ല സത്യമറിയാത്തവർക്ക് കാനൽജലമുണ്ടെന്ന് തോന്നുന്നു വെറും മരുമരിയിച്ചുക അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഉണ്ടെന്ന് തോന്നും അങ്ങനെ വരുമ്പോഴാണ് ഇത് മനസ്സിലാകാത്തവർ ചില ചോദ്യം ചോദിക്കും എങ്കിലും ഈ വെള്ളമിപ്പോ എവിടെയാണ് അതാ അവിടെ ഒരു സരസ്വ കാണു ഈ വെള്ളം മരുഭൂമിയിൽ എന്ന് ഉത്തരം സത്യം അറിയാം ഇന്നൊരാള് വേറെ എന്ത് പറയും ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിശ്വാസം ആവുന്നില്ല എത്ര പറഞ്ഞാലും ഇവിടെ വെള്ളമില്ല ഞാനകത്ത് കയറിയൊക്കെ നോക്കി നല്ല വണ്ണം പരിശോധിച്ചതാണ് ഒരൊറ്റ തുള്ളി വെള്ളവും അവിടെ ഇല്ല എങ്കിലും സാർ ഞാൻ ഈ കാണുന്ന വെള്ളം എവിടെയാണ് ആ ഈ വെള്ളം കാണുന്നുണ്ടോ എവിടെയാണെന്ന് മരുഭൂമിയിൽ അത് മരുഭൂമിയിൽ എങ്ങനെയാണ് വെള്ളം വരുന്നത് അത് അങ്ങനെ ഒക്കെ വന്നപ്പോൾ മരുഭൂമിയിൽ വെള്ളം ഉണ്ടായി എങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളം കഴിയില്ലെന്ന് നിനക്ക് മനസ്സിലാവാത്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഇതാണ് ഈ നടക്കുന്നത് മുഴുവൻ മുഴുവൻ എന്താ കൃഷ്ണൻ ഗീതയിൽ അവസാനം പറഞ്ഞില്ലേ ഞാൻ പരമസത്യം പറയാം ഞാൻ മാത്രമേ ഉള്ളൂ നീ എവിടെയും എന്നെ കാണൂ എവിടെയും ബോധം മാത്രം ഇവിടെ കസേരയില്ല എന്നാലും സാർ കസേര ഉണ്ടെങ്കിൽ ബോധത്തിൽ നിന്നുണ്ടായി ബോധത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും സാർ കസേര ഇടേ ഞാൻ ഒരിക്കൽ കൂടെ പരമസത്യം പറയാം ബോധത്തിൽ കസേര ഉണ്ടായിട്ടില്ല നിനക്ക് അത് ഉറപ്പിക്കാൻ പറ്റുമോ സർവഗുഹ്യതമം ഭൂയശ്രമയെ പരമം വശ അർജുന പരമരഹസ്യം ഞാൻ പറയാം ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സർവധർമാൻ പരിച് ഈ കാണുന്ന ഒന്നും ഉണ്ടെന്ന് കരുതരുത് സർവധർമാ പറയുന്നത് എന്തിനെങ്കിലും ഒഴിവാക്കിയിട്ടാണോ ഗീത ഗീത പതിനെട്ടാം അധ്യായത്തിൽ അവസാനത്തെ നമുക്കൊക്കെ അറിയാവുന്ന ശ്ലോകമല്ലേ ഈ ശ്ലോകം നേരെ നേരെ പഠിക്കാതെ െങ്കിലും സാർ ആ പന്ത്രണ്ടാം അധ്യായത്തിൽ സഗുണഭക്തി നല്ലതാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നുണ്ടോ മോനെ പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നീ അത് ശ്രദ്ധിച്ചോ ആ പക്ഷെ കൃഷ്ണൻ ഇങ്ങനെയും പറയുന്നുണ്ട് സർവധർമാൻ പരുത്യച്ച സഗുണഭക്തില്ല ഇവിടെ നിർഗുണഭക്തില്ല പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലെങ്കിൽ നിർഗുണഭക്തി ശീലിക്കാൻ മനസ്സിലായും ഇത് മനസ്സിലായാൽ പിന്നെ ഒരു ഭക്തിയും ശീലിക്കാം സാർ ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ പറ്റുമോ ധൈര്യമുണ്ടോ സാർ അത് എനിക്കത്രയും ധൈര്യം കിട്ടുന്നില്ല എന്നാൽ നിർഗുണഭക്തി ശീലിക്ക് ഇതാണ് സമ്പ്രദായം അപ്പം നിർഗുണഭക്തിയും എൻ്റെ മനസ്സിന് അങ്ങോട്ട് ഇണങ്ങുന്നില്ല അവരടങ്ങുന്നില്ല ഓ മനസ്സിനിടങ്ങുന്നില്ലെങ്കിൽ നീ പോയി സഗുളഭക്തിശീലിക്കേ ആ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ഇതും പറഞ്ഞിട്ടുണ്ട് സർവധർമ്മൻ പരിത്യജ്യ ധൈര്യമുള്ളവർക്ക് അല്ലാത്തവർക്ക് വേറെ എന്താ മാർഗം വസ്തുവത്തി സത്യബന്ധം എന്നറിയാതെ ആധ്യാത്മിക തലത്തിൽ പോലും ഗംഭീരന്മാർ കിടന്ന് പെടയുന്നു പെടയുന്നു പെടട്ടെ അറിവെന്നവരൊറ്റ കൃതിയിലെ ഒറ്റ ശ്ലോകമെങ്കിലും വായിച്ചു നോക്കട്ടെ ഗുരുദേവന്റെ ഈ അറിവെന്ന കൃതിയിൽ അറിവെന്ന് അന്നേ ഇതുണ്ട് ഈ ബോധമുള്ള അന്ന് മുതൽ ഈ പ്രപഞ്ചവും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ വാസ്തവത്തിലില്ല അറിവെന്ന് അന്നേ ഇതുണ്ട് അറിവുണ്ടെന്നാൽ എന്നിട്ട് ഗുരുദേവം പറയുകയാണ് യഥാർത്ഥത്തിലുള്ള അറിവുണ്ടെന്ന് വന്നാൽ എന്നുവെച്ചാൽ പരമമായ സത്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബ്രഹ്മസത്യം വേണ്ട പോലെ അറിഞ്ഞാൽ അറിവുണ്ടെന്നാൽ ഇത് ഇത് ഈ പ്രപഞ്ചം ഇത് അന്നേ തോന്നുന്നുണ്ട് മരുഭൂമി ഉള്ള കാലം മുതലേ കാനലിയിലുണ്ടെന്ന് തോന്നുന്നുണ്ട് എടോ മരുഭൂമിയെ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ പിന്നെ ഈ കാനൽ ജലം ഇവിടെ നിൽക്കും മരുഭൂമിയിലൊരിക്കലും ഒരു തുള്ളി വെള്ളവും ഉണ്ടാകാൻ പറ്റില്ലല്ലോ അറിവ് എന്ത് ഗംഭീരമായിട്ട് പറയുന്നു നോക്കണം അറിവ് എന്ന് എന്നാണോ ഈ പ്രപഞ്ചം ഈ ബോധം ഉള്ളതായത് അന്ന് വിതരണം അതെന്നേ ഉണ്ട് അന്നേ ഇതുമുണ്ട് ഇതുമുണ്ട് ഇത് ഈ പ്രപഞ്ചം ഇതുമുണ്ട് പക്ഷേ അറിവുണ്ടെന്നാൽ ആ അറിവിന് വേണ്ടവണ്ണം അറിയാൻ കഴിഞ്ഞാൽ ഇതെങ്ങും നീടും പിന്നെ ഈ പ്രപഞ്ചം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം ബോധം ബോധം ബോധം ഇവിടെ ജലത്തിൻ്റെ കണിക പോലുമില്ല കണിക പോലും ഏതുപോലെ മരുഭൂമിയിൽ ഒരു വെള്ളത്തിന്റെ തുള്ളി ഒരിടത്തുമില്ല പക്ഷേ ഒരു ഒരു സരസ് അലേടിക്കുന്നതായി തോന്നുന്നു അറിവ് എന്നേ ഇതുമുണ്ട് എന്നാൽ അറിവുണ്ടെന്നാൽ വേണ്ട പോലെ അറിവുള്ളെന്ന് വന്നാൽ ഇതെങ്ങും നിന്നിടും ആലച്ചു സർവത്ര നിറഞ്ഞ് അഖണ്ഡമായ നിശ്ചലമായ ആനന്ദഘനമായ ബോധം ഇതിലിന്നെ ഉണ്ടായി മറയുന്ന ഈ ജലപ്രപഞ്ചം എവിടെ നിൽക്കും എവിടെ നിൽക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതില്ല ഇത് വെറും മായ മായ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് പുച്ഛമാണ് സാറിയില്ല അറിവ് ഒന്ന് അതേ അവസരത്തിൽ അറിവ് ബോധം എവിടെയും ഒന്ന് അത് മാത്രം അറിവ് ഒന്ന് എണ്ണം വേറില്ല അവിടെ പിന്നെ രണ്ടാമത് ബോധം രണ്ട് ഇല്ല ഇപ്പോ എന്റെ ബോധം നിന്റെ ബോധം അത് ഈ ഭ്രമം തീരാത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നു അതാ മരുഭൂമിയിലെ കാനൽ ജലം അവിടെ കലങ്ങിയത് ഇവിടെ ശുദ്ധം എന്നു അവിടെ കുറെ മണൽ കൂടുതൽ കൊണ്ട് ഇങ്ങനെ കാറ്റിൽ പറഞ്ഞപ്പോൾ വെള്ളം കലങ്ങിയതുപോലെ തോന്നുന്നു ഇപ്പുറത്തെ ശുദ്ധം ഏത് വെള്ളം ഉണ്ടാകാത്ത വെള്ളത്തിൽ ശുദ്ധവും അശുദ്ധവും ഒക്കെ ആയിട്ട് വേർതിരിക്കുന്നത് അങ്ങനെ അറിവൊന്ന് എണ്ണം വേറില്ല അവിടെ ഫലതില്ല അവിടെ ബോധം അറിവ് ബോധം ബോധം ബോധം തന്നെ ബ്രഹ്മാവിലായാലും ശരി ഉറുമ്പിലായാലും ശരി ബോധം ബോധം യാ ബ്രഹ്മാതി വിപീലികാന്തനുഷുപ്രോത ബ്രഹ്മാവുമകൻ കുറുമ്പിന്റെ ശരീരത്തിൽ വരെ നിറഞ്ഞു നിൽക്കുന്നു അളവും പുഴവും ഒരേ ഒരു ബോധം രണ്ടല്ല അപ്പോ അറിവൊന്ന് എണ്ണം വേറില്ല അറിവല്ലാതെങ്കിലെ എന്തിരിക്കുന്നു അറിവൊന്നിനുള്ള ബോധം അത് പല ബോധമില്ല ഇതാണ് വസ്തുതയെങ്കിലും അറിവല്ലാതെ ഇവിടെ മറ്റെന്തിനുണ്ടായിരിക്കാൻ കഴിയും അറിവല്ലാതെ എങ്കിൽ എന്തിരിക്കുന്നു അറിവൊന്നേ ഉള്ളൂ എങ്കിൽ എല്ലാവരിലും അതൊന്ന് തന്നെങ്കിൽ എവിടെയുമതൊന്ന് തന്നെങ്കിൽ അതല്ലാതെ പിന്നെ വേറെ എന്തുണ്ടാവാൻ ഒരിക്കലും സാധ്യമല്ല ഇവിടെ അറിവേ ഉള്ളൂ പലത് കാണുന്നതോ മായ ഇല്ല അതുകൊണ്ടാണ് ഒരു ഈ സിദ്ധാന്തം നല്ല ഉറപ്പൊണ്ടാണ് നമ്മൾ ആത്മവും ദഹിശവും ഒക്കെ ചർച്ച ചെയ്താണല്ലോ മരണവുമില്ല ഈത് വിശ്വസിക്കുമെങ്കിലും ചെയ്യാമോ മരണവുമില്ല എന്നു വെച്ചാൽ എന്തിന് ദുഃഖിക്കാതിരിക്കാൻ മരണമുണ്ടെങ്കിൽ മരിച്ച വീട്ടിൽ പൊയ്ക്കോളൂ അവിടെ ചെന്നിരുന്ന് വേണമെങ്കിൽ മറ്റുള്ളവരോടൊപ്പം അല്പം ദുഃഖം ഭാവിച്ചോളൂ എന്നുവെച്ചാൽ തൽക്കാലം മരണമില്ല എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പം കുഴപ്പമുണ്ട് കഷ്ടമായി പോയി മരിച്ചുപോലോ അവിടെ എല്ലാവരും മരിച്ചു എന്ത് ചെയ്യാം വലിയ കഷ്ടമായി പോയി എന്നൊക്കെ ഭാവിച്ചോളൂ നാടകം അഹോ നാടകം നിഖിലവും അല്ല വ്യവഹാരത്തിൽ കുഴപ്പമുണ്ടാക്കണ്ട ഇതൊറപ്പുവന്നവർ ഒരിക്കലും കുഴപ്പമുണ്ടാക്കില്ല ഇത് ഉറപ്പുവന്നവർ എവിടെ ആരുമായി എങ്ങനെ പെരുമാറുന്നു അവരോടങ്ങനെ ആനന്ദമനുഭവിച്ച് ഗംഭീരമായി പെരുമാറും ഗുരുദേവൻ്റെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കുക എവിടെ ആരുടെ എഴുത്തിയെന്നോ അവരോടൊന്നും ഗുരുദേവൻ അങ്ങനെ ഒരിക്കലും മരണമില്ല എന്നൊന്നും തീർത്ത് പറഞ്ഞിട്ടില്ല ആ മരണമൊക്കെ ഉണ്ടെങ്കിൽ സ്വൽപ്പം ദുഃഖിച്ചോളൂ എങ്കിലും ഈ കെട്ടുകല്യാണമൊന്നും നടത്തണ്ട അതൊക്കെ വെറുതെ ചിലവും ബുദ്ധിമുട്ടുമാണ് മരണത്തിൽ അല്പം ദുഃഖിച്ചോളൂ ആ ഗുരുദേവൻ എവിടെയൊക്കെ പോയി കെട്ടുകല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ട് എന്തിനാ ഈ അനാചാരങ്ങളൊക്കെ ആ കഷ്ടമല്ലേ നമ്മൾ ദാരമ്പര്യത്തിലുമൊക്കെ മുക്കിക്കളയില്ലേ അങ്ങനെ ഓരോരുത്തരുടെയും അടുത്തു ചെന്ന് അവരവർക്ക് പറ്റിയ രീതിയിൽ ഈ എങ്കിലും സാറേ ആ ഗുരുദേവൻ അശിവപ്രതിഷ്ഠ നടത്തിയതോ പിന്നെ വേറെ എന്ത് ചെയ്യാൻ അവിടെ ഇവിടെ സർവത്ര ബ്രഹ്മമാണ് സ്വാമി ഞങ്ങൾക്ക് അതൊന്നും പിടികിട്ടുന്നില്ല എന്നാൽ ശിവനെ ഭയക്കൻ അങ്ങനെ പ്രദർഷ്ഠിച്ചത് അവിടെ ഇറങ്ങി ഒരു കല്ലെടുത്ത് ശിവപ്രതീകരും ഒരു ഇതിനെക്കുറിച്ച് വലിയ വാദപ്രതിവാദമാണ് എന്ത് വാദപ്രതിവാദം കോട്ടാർ ഗണപതിയെ പ്രതിഷ്ഠിച്ചു കോട്ടാർ ഗണപതി പ്രതിഷ്ഠ അവിടെ ചെന്നപ്പോൾ അവിടെ പത്ത് മുപ്പത് ദേവന്മാരെ പൂജിക്കുകയാണ് ആളുകൾ ചാത്തനയും ചടയനയും ഒക്കെ പൂജിക്കുന്നു അപ്പൊ ഗുരുദേവൻ ചോദിച്ചു എന്തിനായി ഈ പത്ത് മുപ്പത് ദേവന്മാരെ നോക്കുക ഒരു ദേവൻ പോരെ അശോഹോ സ്വാമി അതിപ്പം എങ്ങനെ ഈ ദേവന്മാരെയൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും എന്ത് ചെയ്യും എടവാക്ക് സാരമല്ല ഒരു കൊട്ട കൊണ്ടുവരും എല്ലാ ദേവന്മാരെയും ഇതിനകത്ത് ആ ആ കൊട്ടയ്ക്ക് അകത്തിട്ടു ഒരു വലിയ കുഴി കുഴിയു കുഴിച്ചു ആ ഇവിടെ ഞാനൊരു ഗണപതിയെ പ്രദർഷ്ഠിക്കുന്നു സാർ എന്നാ പിന്നെ എന്തിനാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചത് വേറെ എന്ത് ചെയ്യാൻ ഈ മുപ്പത് ദേവന്മാരിൽ മനസ്സിങ്ങനെ പാഞ്ഞ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടാതെ നടക്കുന്നതിനേക്കാൾ ഒരു ദേവനിൽ തൽക്കാലം പായട്ടെ കുറച്ച് കഴിഞ്ഞായാലും എടുത്ത് ദൂരെ കളയാം നല്ല പാകതം വരുമ്പോൾ അതുവരെ ഇത് ചെയ്യട്ടെ വേറെ എന്താ ചെയ്യുക വാസ്തവത്തിൽ മഹാന്മാർ മനുഷ്യരായ ക്ഷിക്കാൻ ചെയ്ത കാര്യങ്ങൾ പോലും സത്യമറിയാത്തത് കൊണ്ട് തെറ്റിദ്ധരിച്ച് ദുഃഖത്തിന് കാരണമാക്കി തീർക്കുകയാണ് ലോകം അങ്ങനെ പറ്റു അജ്ഞന്റെ കാരുണ്യം കൊണ്ട് ഈ ലോകം നടക്കുന്നു എന്നാണല്ലോ വസിഷ്ഠൻ രാമനോട് പറയുന്നത് അജ്ഞന്റെ കാരുണ്യത്താൽ സംസാരം നടക്കുന്നു ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് ഈ പ്രപഞ്ചം ഒരന്ധപരമ്പര ഞാൻ എന്തിനൊക്കെ പറയുന്നു നമുക്ക് സ്വസ്ഥത മനസ്സിനാവശ്യമുണ്ടോ മറ്റ് സിദ്ധാന്തങ്ങൾ ശരിയാണോ അതാണോ ഇതാണോ ഇവിടെ ഒന്നും ഓടി നടന്നിട്ട് കാര്യമില്ല പൂർണ്ണമായ യുക്തിഭദ്രതയോടുകൂടി സത്തിനിതാണ് എന്ന് നമ്മുടെ മുമ്പിൽ കയ്യിലെ നെല്ലിക്ക പോലെ ഇതാ കാണിച്ചു തരുന്നു സൗകര്യമുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക അറിവ് പോലുള്ള കൃതികളിൽ സംശയത്തിൻ്റെ കണിക പോലുമില്ലാതെ ഇതാണ് ജഗത്സത്യം എന്ന് വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നു പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക നമുക്കും കുറവ് ഒരാൾക്കെങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ എനിക്ക് ഗുരുദേവ ഗുരു ഗുരുവായൂരപ്പനുകൊണ്ട് അതിനത്ര ഭക്തിയാണ് എന്നോടതിനേക്കാൾ വാത്സല്യമാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു കുഴപ്പമുണ്ടാക്കുന്നോ എന്നും വലിയിലിറങ്ങി ആരോടും വെറുവര് നേരെ പോക്കിവിടെ പറഞ്ഞതേയുള്ളൂ ഉൾക്കൊള്ളാൻ പറ്റുന്നതുള്ളു ഉൾക്കൊള്ളുക ഞാനല്ലേ പറഞ്ഞത് ഗുരുദേവെന്റെ വാക്കുകളുടെ പിന്നിൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ അറിവെന്ന് അന്നേ ഇതുമുണ്ട് ശരിക്ക് വായിച്ചാൽ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല അറിവെന്നാണോ ഉള്ളതായത് അന്നു മുതൽ ഇതുമുണ്ട് ഈ പ്രപഞ്ചമുണ്ട് പക്ഷേ പ്രതിഭാസിക്കാൻ കഴിയാത്ത ഈ ജഡപപ്രപഞ്ചം എങ്ങും നിറഞ്ഞറിവ് നിൽക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ എങ്ങ് നിന്നിടും പിന്നെ എവിടെ നിൽക്കും അറിവ് ഒന്ന് എവിടെയും അറിവ് ബോധം ബോധം അറിവ് അറിവ് അറിവ് ഒരിടത്തും അറിവല്ലാതെ മാറുന്നില്ല അറിവ് എവിടെയും അറിവ് ബോധം എവിടെയും ബോധം അറിവ് ഒന്ന് എണ്ണം വേറില്ല നല്ല കൊച്ചു കൊച്ചു വാക്യങ്ങളിൽ അതിന് പല എണ്ണമില്ല അതുകൊണ്ട് അറിവല്ലാതെ എങ്കിലെന്തിരിക്കുന്നു ചോദ്യമാണ് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുമോ അതുകൊണ്ട് അറിവൊന്നും അറിവ് എന്ന കൃതി ആവർത്തിച്ച് വായിച്ചു നോക്കുക നമുക്ക് പൂർണ്ണമായി ഉറക്കുന്നില്ലെങ്കിൽ തൽക്കാലം കുറച്ചൊക്കെ മറ്റുള്ളതൊക്കെ ഇരുന്നോട്ടെ അറിഞ്ഞോളുക ഒന്നും ഇല്ല പക്ഷെ മനസ്സ് നിൽക്കുന്നില്ല എന്നാൽ കുറച്ച് സ്ഥലം ഇതൊക്കെ ഇല്ലെന്നറിയാമെങ്കിലും എനിക്ക് എൻ്റെ ശരീരത്തോടും വീട്ടിനോടും ഒക്കെ കുറച്ച് സംഘമുണ്ട് ഒരു ദോഷവും ഇല്ല ഉടനെ ഒന്നും അത് ഇല്ലാതെ ഒന്നും ആക്കണ്ട ഇത് ഉറപ്പിക്കുക ഉറച്ചുറച്ച് വരുന്തോറും മറ്റെല്ലാം തനിയെ മാറണം തനിയെ മാറിക്കൊള്ളണം അല്ല ബലാൽ മാറ്റാൻ ഒരിക്കലും ശ്രമിക്കണ്ട ഈ തത്വം ഉൾക്കൊള്ളുക അതനുസരിച്ച് ജീവിതത്തെ കുറേശ്വ ക്രമപ്പെടുത്തി ഒരു ജന്മം കൊണ്ടല്ലെങ്കിൽ പല ജന്മം കൊണ്ട് അല്ല എങ്കിലും കണ്ടോ ഈ സാറ് കുഴപ്പമുണ്ടാക്കുന്നത് ജന്മം ഒന്നുമില്ലെന്ന് പറയുന്നു എന്നിട്ടിപ്പോൾ പറയുന്നു ഒരു ജന്മം കൊണ്ടല്ലെങ്കിലും പല ജന്മം കൊണ്ടെന്ന് അങ്ങനെയല്ലാതെ ഇത് പറയാം അങ്ങനെയെങ്കിലും ഇതൊറച്ചു വരട്ടെ ക്രമേണ ക്രമേണ ഇതൊറയ്ക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ അല്ലാതെ ഒന്നിനോടും യാതൊരു ആക്ഷേപമോ വിപ്രതിപത്തിയോ ഇല്ല സർവം ഈശ്വരമയം ഭാഗ്യവശാൽ എനിക്കത് നല്ല ഉറപ്പ് നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത് സർവം ബോധമയം ബ്രഹ്മമയം അതല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല അത് നമുക്കെല്ലാവർക്കും ക്രമേണ ഉറച്ചുവരാനിടയാകട്ടെ അതിന് ജഗതീശ്വരനും ഗുരുദേവനുമൊക്കെ നമ്മൾ കാരുണ്യം ചുരിഞ്ഞ് ജഗതീശ്വരനും ഗുരുദേവനും ഒക്കെ വേറെ വേറെ ഉണ്ടോ സാർ ചോദിക്കരുതേ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ നമസ്കാരം